യൂണിറ്റ് ലെവൻ ലെസൺ ഹെഡ്മാസ്റ്റർ മാപ്പ് കൊടുത്തേക്കും ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടെ ജോണിയെ ആരടിച്ചു ആ സംഘത്തിൽ സുകുമാരനും മാത്യു അല്ലാതെ ആരൊക്കെ ഉണ്ടായിരുന്നു പൗലോസെ നീ പറ എനിക്കറിഞ്ഞുകൂടാ സാർ ഞാൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല ഗോപിക്കറിയാമായിരിക്കും എന്നും വൈകുന്നേരം ഗോപിയും ജോണിയും ഒരുമിച്ച് പോകും ഗോപി നീ ഇന്നലെയും ഇവരുടെ കൂടെ പോയോ പോയി ഈ അടിപിടി എങ്ങനെ തുടങ്ങി ഒരക്ഷരം വിടാതെ എല്ലാം തെളിച്ചു പറഞ്ഞേക്ക സത്യം പറയണം എന്നാൽ ഹെഡ് മാസ്റ്റർ അവർക്ക് മാപ്പ് കൊടുത്തേക്കും ഇല്ലെങ്കിൽ നിനക്ക് പോലും ശിക്ഷ കിട്ടിയേക്കാം സാർ ഞാൻ അവരുടെ കൂടെ പോയി പക്ഷേ ആ സംഘത്തിൽ ചേർന്നില്ല കുറച്ച് പിന്നിലായിരുന്നു എന്നാലും നീ സംഭവം കണ്ടല്ലോ നീയല്ലേ ഒന്നാം സാക്ഷി എല്ലാം വിവരിച്ചു പറ കേൾക്കട്ടെ ഇന്നലെ പന്തുകളി കഴിഞ്ഞ് ും മാത്യു ജോണിയും കൃഷ്കുമാറും ഞാനും ഒരുമിച്ചിറങ്ങി എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു ഞാൻ അതുകൊണ്ട് പതുക്കെ നടന്നു പക്ഷേ അവർ നാലുപേരും എന്റെ മുൻപേ പന്തയം വച്ച് നടന്നു എന്നിട്ട് ജോണിയുടെ കൈയിൽ ഒരു ആട്ടോമാറ്റിക് കുടയുണ്ടായിരുന്നു അത് തുറന്നു കാണിക്കാൻ അവർ പറഞ്ഞു അവൻ കൂട്ടാക്കിയില്ല അപ്പോൾ മാത്യു ആ കുട തട്ടിപ്പറയ്ക്കാൻ ജോണിയുടെ മേൽ ചാടിക്കേറി കൃഷ്ണകുമാർ ജോണിയുടെ കാലിൽ ഒരു തട്ടും കൊടുത്തു അവൻ തറയിൽ ക്രമം നടന്നോ ഞാൻ ഓടിപ്പോയി സാർ പക്ഷേ അപ്പോൾ സുകുമാരൻ ഒരു കല്ലെടുത്ത് എന്നെറിഞ്ഞു തുടർന്ന് പറ ജോണിയുടെ നെറ്റി പൊട്ടി കുറച്ച് രക്തം ഒലിച്ചു വന്നു അതുകൊണ്ട് പേടിച്ച് കുടയും വിട്ടിട്ട് അവർ മൂന്നുപേരും ഓടിപ്പോയി പിന്നെ അവിടത്തെ ഒരു മുറുക്കൻ കടക്കാരനും ഞാനും കൂടെ ജോണിയെ പിടിച്ചെണീപ്പിച്ചു അവന്റെ മുറിവൊക്കെ ഞങ്ങൾ വെച്ചു കെട്ടി അയാൾ അവന് കുടിക്കാൻ കുറച്ച് നാരങ്ങ കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയാക്കി ശരി ഗോപി നീയൊരു യഥാർത്ഥ കൌട്ടിനെ പോലെ പെരുമാറി വളരെ നല്ലത് ഹെഡ്മാസ്റ്റർ ഇപ്പോൾ എല്ലാരെയും വിളിക്കും നിന്നെയും വിളിച്ചേക്കും പേടിക്കണ്ട എല്ലാം തെളിച്ചു പറഞ്ഞേക്കും ിസൺ ആൻഡ് റിപ്പീറ്റ് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടെ ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടെ ജോണിയെ ആരടിച്ചു ജോണിയെ ആരടിച്ചു ആ സംഘത്തിൽ ആ സംഘത്തിൽ സുകുമാരനും മാത്യുവുമല്ലാതെ സുകുമാരനും മാത്യുവും അല്ലാതെ ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു പൗലോസെ നീ പറ പൗലോസെ നീ പറ എനിക്കറിഞ്ഞുകൂടാ സാർ എനിക്കറിഞ്ഞുകൂടാ സാർ ഞാൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല ഞാൻ ഇന്നലെ സ്കൂളിൽ വന്നില്ല ഗോപിക്കറിയാമായിരിക്കും ഗോപിക്കറിയാമായിരിക്കും എന്നും വൈകുന്നേരം ഗോപിയും ജോണിയും ഒരുമിച്ചു പോകും എന്നും വൈകുന്നേരം ഗോപിയും ജോണിയും ഒരുമിച്ചു പോകും ഗോപി നീ ഇന്നലെ ഇവരുടെ കൂടെ പോയോ ഗോപി, നീ ഇന്നലെയും ഇവരുടെ കൂടെ പോയോ പോയി പോയി ഈ അടിപിടി എങ്ങനെ തുടങ്ങി ഈ അടിപിടി എങ്ങനെ തുടങ്ങി ഒരക്ഷരം വിടാതെ ഒരക്ഷരം വിടാതെ എല്ലാം തെളിച്ചു പറഞ്ഞേക്ക് എല്ലാം തെളിച്ചു പറഞ്ഞേക്ക് സത്യം പറയണം സത്യം പറയണം എന്നാൽ ഹെഡ് മാസ്റ്റർ അവർക്ക് മാപ്പ് കൊടുത്തേക്കും എന്നാൽ ഹെഡ്മാസ്റ്റർ അവർക്ക് മാപ്പ് കൊടുത്തേക്കും ഇല്ലെങ്കിൽ നിനക്ക് പോലും ശിക്ഷ കിട്ടിയേക്കാം ിൽ നിനക്ക് പോലും ശിക്ഷ കിട്ടിയേക്കാം സാർ ഞാൻ അവരുടെ കൂടെ പോയി സാർ ഞാൻ അവരുടെ കൂടെ പോയി പക്ഷേ ആ സംഘത്തിൽ ചേർന്നില്ല പക്ഷേ ആ സംഘത്തിൽ ചേർന്നില്ല കുറച്ചു പിന്നിലായിരുന്നു എന്നാലും നീ സംഭവം കണ്ടല്ലോ എന്നാലും നീ സംഭവം കണ്ടല്ലോ നീയല്ലേ ഒന്നാം സാക്ഷി നീയല്ലേ ഒന്നാം സാക്ഷി എല്ലാം വിവരിച്ചു പറവരിച്ചു പറ കേൾക്കട്ടെ കേൾക്കട്ടെ ഇന്നലെ പന്തുകളി കഴിഞ്ഞ് ഇന്നലെ പന്തുകളി കഴിഞ്ഞ് സുകുമാരനും മാത്യുവും ജോണിയും കൃഷ്ണകുമാറും ഞാനും ഒരുമിച്ചിറങ്ങി സുകുമാരനും മാത്യുവും ജോണിയും കൃഷ്ണകുമാറും ഞാനും ഒരുമിച്ചിറങ്ങി എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു ഞാൻ അതുകൊണ്ട് പതുക്കെ നടന്നു ഞാൻ അതുകൊണ്ട് പതുക്കെ നടന്നു പക്ഷേ അവർ നാലുപേരും എന്റെ മുൻപേ പന്തയും വച്ചു നടന്നു പക്ഷേ അവർ നാലുപേരും എന്റെ മുൻപേ പന്തയും വച്ച് നടന്നു എന്നിട്ട് എന്നിട്ട് ജോണിയുടെ കയ്യിൽ ഒരു ആട്ടോമാറ്റിക് കുടയുണ്ടായിരുന്നു ജോണിയുടെ കയ്യിൽ ഒരു ആട്ടോമാറ്റിക് കുടയുണ്ടായിരുന്നു അത് തുറന്നു കാണിക്കാൻ അവർ പറഞ്ഞു അത് തുറന്നു കാണിക്കാൻ അവർ പറഞ്ഞു അവൻ കൂട്ടാക്കിയില്ല അവൻ കൂട്ടാക്കിയില്ല അപ്പോൾ മാത്യു ആ കുട തട്ടിപ്പറിക്കാൻ അപ്പോൾ മാത്യു ആ കുട തട്ടിപ്പറിക്കാൻ ജോണിയുടെ ചാടിക്കേറി ജോണിയുടെ മേൽ ചാടിക്കേറി കൃഷ്ണകുമാർ ജോണിയുടെ കാലിൽ ഒരു തട്ടും കൊടുത്തു കൃഷ്ണകുമാർ ജോണിയുടെ കാലിൽ ഒരു തട്ടും കൊടുത്തു അവൻ തരയിൽ കമന്നടിച്ച് വീണു അവൻ തറയിൽ കമം അടിച്ചു വീണു നിനക്ക് ഓടിപ്പോയി അവനെ സഹായിച്ചു കൂടായിരുന്നോ നിനക്ക് ഓടിപ്പോയി അവനെ സഹായിച്ചു ഞാൻ ഓടിപ്പോയി സാർ ഞാൻ ഓടിപ്പോയി സാർ പക്ഷേ അപ്പോൾ സുകുമാരൻ പക്ഷെ അപ്പോൾ സുകുമാരൻ ഒരു കല്ലെടുത്ത് എന്നെ എറിഞ്ഞു ഒരു കല്ലെടുത്ത് എന്നെ എറിഞ്ഞു അവൻ അത്രക്കായോ അവൻ അത്രക്കായോ ശരി തുടർന്ന് പറ ശരി തുടർന്ന് പറ ജോണിയുടെ നെറ്റി പൊട്ടി ജോണിയുടെ നെറ്റി പൊട്ടി കുറച്ച് രക്തം ഒലിച്ചു കുറച്ചു രക്തം ഒലിച്ചു വന്നു അത് കണ്ട് പേടിച്ച് അതുകണ്ട് പേടിച്ച് കുടയും ഇട്ടിട്ട് അവർ മൂന്ന് പേരും ഓടിപ്പോയി കുടയും ഇട്ടിട്ട് അവർ മൂന്ന് പേരും ഓടിപ്പോയി പിന്നെ പിന്നെ അവിടത്തെ ഒരു മുറുക്കാൻ കടക്കാരനും ഞാനും കൂടെ അവിടത്തെ ഒരു മുറുക്കാൻ കടക്കാരനും ഞാനും കൂടെ ജോണിയെ പിടിച്ചെണീപ്പിച്ചു ജോണിയെ പിടിച്ചെണീപ്പിച്ചു അവന്റെ മുറിവൊക്കെ ഞങ്ങൾ വെച്ചു കെട്ടി അവന്റെ മുറിവൊക്കെ ഞങ്ങൾ വെച്ചു കെട്ടി അയാൾ അവന് കുടിക്കാൻ അയാൾ അവന് കുടിക്കാൻ കുറച്ച് നാരങ്ങ കൊടുത്തു കുറച്ച് നാരങ്ങ നീർ കൊടുത്തു കുറച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയാക്കി ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയാക്കി ശരി ഗോപി ശരി ഗോപി നീ ഒരു യഥാർത്ഥ സ്കൗട്ടിനെ പോലെ പെരുമാറി നീ ഒരു യഥാർത്ഥ സ്കൌട്ടിനെ പോലെ പെരുമാറി വളരെ നല്ലത് വളരെ നല്ലത് ഹെഡ്മാസ്റ്റർ ഇപ്പോൾ എല്ലാരെയും വിളിക്കും ഹെഡ്മാസ്റ്റർ ഇപ്പോൾ എല്ലാരെയും വിളിക്കും നിന്നെയും വിളിച്ചേക്കും നിന്നെയും വിളിച്ചേക്കും പേടിക്കണ്ട പേടിക്കണ്ട എല്ലാം തെളിച്ച് പറഞ്ഞേക്ക് എല്ലാം തെളിച്ചു പറഞ്ഞേക്ക് ഡ്രിൽസ് ിൽ നിങ്ങൾ കള്ളം പറഞ്ഞുകൂട കൂട ഈ വലിയ വീട് ഇത്ര ചെറിയ വാടകയ്ക്ക് കൊടുത്തുകൂടാ ീ വലിയ വീട് ഇത്ര ചെറിയ വാടകയ്ക്ക് കൊടുത്തുകൂടാ നിങ്ങൾക്ക് എന്റെ കൂടെ വന്നുകൂടെ നിങ്ങൾക്ക് എന്റെ കൂടെ വന്നുകൂടെ വെറുതെ സമയം കളഞ്ഞുകൂടായിരുന്നു വെറുതെ സമയം കളഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്കവരെ വിളിച്ചുകൂടായിരുന്നു നിങ്ങൾക്കവരെ വിളിച്ചുകൂടായിരുന്നോ ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞേക്ക് ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞേക്ക് ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞേക്കൂ ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞേക്കൂ നീ എല്ലാവരെയും വിട്ടേക്ക് നി എല്ലാവരെയും വിട്ടേക്ക് നിങ്ങൾ എല്ലാവരെയും വിട്ടേക്കു നിങ്ങൾ എല്ലാവരെയും വിട്ടേക്കൂ ആ കല്യാണം നടന്നേക്കും ആ കല്യാണം നടന്നേക്കും അവനും ഇന്നിവിടെ വന്നേക്കാം അവനും ഇന്നിവിടെ വന്നേക്കാം ആ സംഭവം എല്ലാവരും അറിഞ്ഞേക്കാം संभव अक्रसेश प्राक्टी मधुम गोप മധുവും ഗോപിയുംധുവും ഗോപിയുംമലയെയും മണിയേയും കമലേം മണിയേം കമലയെയും മണിയേയും കമലേം മണിയേം വേണുവിനും തോമുവിനും വേണുവിനും സോമോനും വേണുവിനും സോമവിനും വേണുനും സോമോനും അമ്മയും മണിയും മധുവും അമ്മയും മണിയും മധുവും അമ്മയും മണിയും മധുവും അമ്മയും മണിയും മധുവും സംഭവിച്ചുകൂടായിരുന്നു സംഭവിച്ചു സംഭവിച്ചുകൂടായിരുന്നു സംഭവിച്ചൂടായിരുന്നു ൂടായിരുന്നു അറിഞ്ഞൂടായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞൂടായിരുന്നു ബിൽഡ് ഡ്രിൽ മോഡൽ പോയി കൂട ചോദിക്കാതെ അച്ഛനോട് അച്ഛനോട് ചോദിക്കാതെ വെളിയിൽ പോയി കൂട നൗ ഫോളോ ദോഡൽ ശല്യപ്പെടുത്തിക്കൂടെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തിക്കൂടെ നമുക്ക് നമുക്ക് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തിക്കൂടെ ഇത്ര വലിയ കാര്യത്തിനും ഇത്ര വലിയ കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തി കൂടെ കുടിച്ചേക്ക് നീ നീ കുടിച്ചേക്ക് കാപ്പിയും കൂടെ കാപ്പിയും കൂടെ നീ കുടിച്ചേക്ക് ഒരു കപ്പ് ഒരു കപ്പ് കാപ്പിയും കൂടെ നീ കുടിച്ചേക്ക് എന്റെ എന്റെ ഒരു കപ്പ് കാപ്പിയും കൂടെ നീ കൊടുത്തേക്ക് കൊടുത്തേക്കൂ തിരിച്ചു തിരിച്ചു കൊടുത്തേക്കൂ ലൈബ്രറിയിൽ ലൈബ്രറിയിൽ തിരിച്ചു കൊടുത്തേക്കൂ പുസ്തകം ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊടുത്തേക്കു വായിച്ചിട്ട് വായിച്ചിട്ട് ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊടുത്തേക്കൂ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊടുത്തേക്കൂ കിട്ടിയേക്കും ഒരു എഴുത്ത് ഒരെഴുത്ത് കിട്ടിയേക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരെഴുത്ത് കിട്ടിയേക്കും ഇല്ലെങ്കിലും ഇന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരെഴുത്ത് കിട്ടിയേക്കും എനിക്ക് എനിക്ക് ഇന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരെഴുത്ത് കിട്ടിയേക്കും റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ നീ പറയാൻ പാടില്ല നീ പറഞ്ഞുകൂടാ നൗ ഫോളോ ദ മോഡൽ കുട്ടികൾ കാണാൻ പാടില്ല കുട്ടികൾ കണ്ടുകൂടാ ഇവിടെ എഴുതാൻ പാടില്ല ഇവിടെ എഴുതിക്കൂടാ അവൾ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൂടാ ഈ അസമയത്ത് നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല ഈ അസമയത്ത് നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്നുകൂടാ നീ എപ്പോഴും അവനെപ്പറ്റി ഓർത്തിരിക്കാൻ പാടില്ല നീ എപ്പോഴും അവനെപ്പറ്റി ഓർത്തിരുന്നു ോഡൽ ടു എന്നെ അറിയിക്കാൻ പാടില്ലേ എന്നെ അറിയിച്ചുകൂടെ നൗ ഫോളോ ദോഡൽ കുറച്ചു സമയം കാത്തു നിൽക്കാൻ പാടില്ലേ കുറച്ചു സമയം കാത്തു നിന്നുകൂടെ സുഖക്കേടുകാർ ചോറുണ്ടാൻ പാടില്ലേ സുഖക്കേടുകാർ ചോറുണ്ടുകൂടെ ഈ പ്രാവശ്യവും അവരെ നിർബന്ധിക്കാൻ പാടില്ലേ ീ പ്രാവശ്യവും അവരെ നിർബന്ധിച്ചുകൂടെ പതിനായിരം രൂപ നമുക്ക് പിരിക്കാൻ പാടില്ലേ പതിനായിരം രൂപ നമുക്ക് പിരിച്ചുകൂടെ മോഡൽ ത്രീ അവൻ വരരുത് അവൻ വന്നുകൂട നൗ ഫോളോ ദ മോഡൽ ആരും കള്ളം പറയരുത് ആരും കള്ളം പറഞ്ഞുകൂടാണ് എപ്പോഴും ആ കാര്യം ഓർമ്മിക്കരുത് ഒരിക്കലും ആ കാര്യം ഓർമ്മിച്ചുകൂടാ അദ്ദേഹത്തിനെ മറക്കരുത് അദ്ദേഹത്തിനെ മറന്നുകൂടാം അങ്ങനെ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചുകൂടാ വെറുതെ സമയം കളയരുത് വെറുതെ സമയം കളഞ്ഞുകൂടാ മോഡൽ ഫോർ നീ വീ വന്നേക്ക് നൗ ഫോഡൽ നീ ഒരു പാട്ടുപാട് നീ ഒരു പാട്ട് പാടിയേക്ക് ആ പാത്രം നീ അവിടെ വയ്ക്ക് ആ പാത്രം നീ അവിടെ വച്ചേക്ക് നീ കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്ക് നീ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തേക്ക് ഈ പലഹാരവും കൂടെ നീ തിന്ന് ീ പലഹാരവും കൂടെ നീ തിന്നേക്ക് മൂന്ന് പ്രാവശ്യം കൂടെ എഴുത് മൂന്ന് പ്രാവശ്യം കൂടെ എഴുതിയേക്ക് മോഡൽ ഫൈവ് നിങ്ങൾ പതുക്കെ പറയൂ നിങ്ങൾ പതുക്കെ പറഞ്ഞേക്കു നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ ആ ഹോട്ടലിൽ തങ്ങൂ നിങ്ങൾ ആ ഹോട്ടലിൽ തങ്ങിയേക്കൂ അവരുടെ രൂപ തിരിച്ചു കൊടുക്കൂ അവരുടെ രൂപ തിരിച്ചു കൊടുത്തേക്കൂ രണ്ടു മൈൽ നടക്കൂ രണ്ടു മൈൽ നടന്നേക്കൂ ഇന്നെങ്കിലും അവരെ കുറച്ച് വേഗം വിടൂ ഇന്നെങ്കിലും അവരെക്കുറിച്ച് വേഗം വിട്ടേക്കൂ അവരെല്ലാം പിടിക്കൂ അവരെയെല്ലാം പിടിച്ചേക്കൂ മോഡൽ സിക്സ് എല്ലാവരും സമയത്തിന് എത്തും എല്ലാവരും സമയത്തിന് എത്തിയേക്കും നൗ ഫോളോ ദ മോഡൽ അച്ഛൻ ദേഷ്യപ്പെടും അച്ഛൻ ദേഷ്യപ്പെട്ടേക്കും അവൻ ഒരു നല്ല ഡോക്ടർ ആകും അവൻ ഒരു നല്ല ഡോക്ടർ ആയേക്കും കുഞ്ഞ് ഇനി സുഖമായി ഉറങ്ങൂ കുഞ്ഞ് ഇനി സുഖമായി ഉറങ്ങിയേക്കും രണ്ടു മാസം കഴിഞ്ഞ് എനിക്കൊരു നല്ല ജോലി കിട്ടും രണ്ടു മാസം കഴിഞ്ഞ് എനിക്കൊരു നല്ല ജോലി കിട്ടിയേക്കും എല്ലാവരും നമ്മളെ ശപിക്കും എല്ലാവരും നമ്മള് ശപിച്ചേക്കുംസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ മറ്റന്നാളും അവനെ കാണാമോ കാണാം മറ്റന്നാളും അവനെ കാണാം കണ്ടുകൂടാ മറ്റന്നാളും അവനെ കണ്ടുകൂടാ നൗ ഫോളോ ദ മോഡൽ നിങ്ങൾക്ക് ആ വിഷയത്തെപ്പറ്റി പ്രസംഗിക്കാമോ അവനെയും കളിയിൽ ചേർക്കാമോ പിറന്നാളിന് ഒരു വലിയ സദ്യ നടത്താമോ ആ ജോലി നിനക്ക് ചെയ്യാമോ അയാളെ പിശുക്കനെന്ന് മുദ്ര കുത്താമോ Model 2. What is the case? I have the case. I have the case. I have the case. Now, follow the model. I have the case. അവനെയും ഒരു പാഠം പഠിപ്പിച്ചുകൂടെ ആ പാട്ടും കേട്ടുകൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൂടെ പത്തുമണിക്ക് മീറ്റിംഗ് തുടങ്ങിക്കൂടെ